പിന്തുടർന്നവർ പറയും ഞങ്ങൾക്ക് ഒരു തിരിച്ചുവരവുണ്ടായിരുന്നെങ്കിൽ അവർ ഞങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറിയതുപോലെ ഞങ്ങളും അവരിൽ നിന്ന് ഒഴിഞ്ഞുമാറുമായിരുന്നു അങ്ങനെ അള്ളാഹു സുബഹാനഹുവ ചായ അവരുടെ കർമ്മങ്ങളെ അവർക്കു തന്നെ ഖേദമായി കാണിച്ചു കൊടുക്കുന്നു അവർ നരകത്തിൽ നിന്ന് പുറത്തുകിടക്കുകയുമില്ല